രണ്ട് വിഭാഗങ്ങളിൽ ഒന്ന് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് അള്ളാഹുസുബഹാനഹുവായാലങ്ങൾക്ക് വാഗ്ദാനം ചെയ്തപ്പോൾ യുദ്ധശേഷി കുറഞ്ഞ വിഭാഗം നിങ്ങൾക്ക് ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു എന്നാൽ അള്ളാഹുസുബഹാനഹുവായ തന്റെ വചനങ്ങളിലൂടെ സത്യത്തെ സ്ഥാപിക്കാനും സത്യനിഷേധികളുടെ വേറിറക്കാനും ഉദ്ദേശിച്ചു